കഥം വിഷ്ണു മഹം സേഗ്രോണഞ്ചോഷ പൂജ ഗുരു മഹത്വാഹി നായ ശ്രേയഭോക്തൃഷ്ണേഹാൻസ് അനുഭവം പാത്രം എങ്ങനെ പാത്രം സ്നേഹം കാരണം ധർമാധർമ്മഭയാവഹ സ്നേഹം കാര്യം ധർമ്മധർമ്മഭയം വിനാമനായി ഭഗവ്തം അജാനും അയക്കരിതമായ മനസ്സിലാക്കാതെ ഇതൊന്നും മനസ്സിലാക്കാം പറഞ്ഞ രണ്ട് ശ്ലോകങ്ങൾ പറയുന്നു ദ്രോണാധികാരി മുഴുവൻ ബഹുമതാണ് ദ്രോണാധികം വളരെ ബഹുമാനിക്കപ്പെടേണ്ടവരാണ് അവരെ കഥമുഖം ദൃശ്യമാണ് ഞാനങ്ങനെ പറഞ്ഞു കഥന് തരാം ഭുവേശ്വരന്മാത്ര സത് ഭത്വം ഇന്നെങ്ങനെയാണ് അതിനും കഷ്ടമായിട്ട് ഭോഗങ്ങൾ അതിമാത്രം സൃഷ്ടി വളരെയധികം വെള്ളിയവരായ താൻ തത്വമാകും അവരെ കൊന്നിട്ട് തേർഭുജ്യമാനാ താനേ പോകാൻ അവരനുഭവിക്കുന്ന ഭോഗ്യവസ്തുക്കളെ തന്നെ ഉപ്പസരിക്ക രക്തം പുരട്ടി തേശു പാസേഡ് വരുന്ന സ്ഥലങ്ങളിലിരുന്ന് ഗുഹം ചെയ്യുക ഏറെ പറ്റും ഭോഗേഷും അതിമാത്രം ലൗകിക ഭോഗങ്ങളിൽ അതിമാത്ര സത്യന്മാരാണ് എന്നാണ് ഇവരെ കുറിച്ച് പറയുന്നത് ദ്രോണാദിയങ്ങളെ കുറിച്ച് അങ്ങനെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും മഹാഭാരതമനുസരിച്ച് അത് പറയുന്നുണ്ട് മഹാഭാരതം പറയുന്നു ഭീഷ്ണു വളരെ വളരെ ആത്മനിയന്ത്രണത്തോടുകൂടി ജീവിച്ച അവർ ഭോഗങ്ങളെല്ലാം വളരെയധികം മൊഴിയവരെന്നൊന്നും ഭീഷ്മുവിനെ കുറിച്ച് പറയുന്നുണ്ട് ഉന്നോകും ആ ജീവനും മരണം വരെ ബ്രഹ്മചരി വൃദ്ധം സ്വീകരിച്ച അങ്ങനെ ഒരാളെ കുറിച്ച് അത്രയും കഠിനമായ വൃദ്ധം അതിനു മുന്നിൽ അണുവിടെ പോലും ഭംഗം വന്നിട്ടില്ലെന്ന് മഹാഭാരത പറയും അങ്ങനെയുള്ള ഒരാൾ ലോകങ്ങളിൽ ഒഴികെ പറയുന്നത് എന്താ ഭാഷത്തിന് എന്തിനങ്ങനെ വേണ്ടി ദുര്യോധന അധർമ്മിയാണ് അധർമ്മിയുടെ പക്ഷത്ത് നിൽക്കുന്നത് കൊണ്ട് അവരവിടെയൊക്കെ കാരണം ചെയ്യാവുന്നില്ല ഇത് എത്രയുണ്ട് അതായത് വസ്തുസ്ഥിതിയല്ലോണെ സംബന്ധിച്ചും എന്താണ് പറയുന്ന ശരിയുണ്ട് കാരണം അന്നത്തെ യോഗസ്ഥിതി അനുസരിച്ച് അവര് ധർമ്മ അർത്ഥ കാമങ്ങളെല്ലാം ആ വ്യവസ്ഥ അനുസരിച്ച് അനുഭവിച്ചത് അധർമ്മം പ്രവർത്തിച്ച് ജീവിച്ചത് പിന്നെ ഇങ്ങനെ അതിന്റെ പറയാൻ പറ്റും പേരും പ്രശസ്തി എന്നൊക്കെ പറയുന്നാണ് അങ്ങനെ പറയാൻ പറ്റില്ല ഭോഗങ്ങളെന്ന് പറയുമ്പോ എല്ലാം മരണമാക്കും അത് മാത്രമല്ല അർജുനം പ്രലോഭിക്കുന്നു എന്നാണ് ജിത്വാവ പോഷസ് മഹീം ഈ ലോകത്തുള്ള എല്ലാം നടക്കനുഭവിക്കാവുന്നതാണ് അപ്പൊ അനുഭവിക്കുന്നതിന് മോശം ഭഗവാനെ തന്നെ അർജുനോട് പറയുന്ന എന്താണ് നീ എല്ലാ സൗഭാഗ്യങ്ങളും നടന്നിരുന്നു അത് തന്നെ മോശം കാര്യം അത് വരെയും വളരെ ഇവരെല്ലാവരെയും വളരെ ധർമ്മിഷ്ഠന്മാരായിട്ടാണ് അവതരിക്കുന്നത് പ്രത്യേകിച്ച് ഭീഷ്മര് ദ്രോണര് എല്ലാം അന്നത്തെ അവരുടെ അവരവരുടെ ധർമ്മം പരിപാലിച്ച് ജീവിച്ചവരായിട്ടാണ് അവർ അങ്ങനെ അവർ മോശക്കാരായിട്ട് മഹാഭാരതത്തെ ചിത്രീകരിക്കുന്നില്ല അതൊരു പ്രവൃത്തിയും അപൂർവം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും മഹാഭാരതത്തിന്റെ ആദർശമായിട്ടാണ് ഇതൊക്കെ പറയുന്നത് ബ്രഹ്മം പ്രധാനം എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഇങ്ങനെ ഇതിലെല്ലാം മുഴുകി ജീവിച്ചു എന്നൊക്കെ പറയുന്ന അർത്ഥം മഹാഭാരതം എന്ന് ശരി എന്നാൽ പക്ഷേ ഇതുകൊണ്ടാകില്ല എഴുതിയറിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ധർമ്മികളുടെ പക്ഷത്ത് അതാണ് അവരുടെ ദോഷം ജീവിതകാലം മുഴുവൻ ബ്രഹ്മചര്യവും കഠിനമായി അനുഷ്ഠിച്ച് ജീവിച്ച ഒരാൾ അത് മഹാഭാരതി പ്രത്യേകം പറയുന്നു ഭീഷണു അന്തപുരത്തിൽ സുന്ദരികളായ ദാസികളാൽ ചിട്ടപ്പെട്ടിരുന്നിട്ടും മഹാഭാരതം എഴുതിക്കുന്നതാണ് ഭീഷ്മന്റെ മനസ്സ് ഒരു നിമിഷം പോലും ചലിച്ചിട്ടില്ല അതിനോട് ഭീഷ്മനെ കുറിച്ച് ഈ വേണ്ടതിനെഴുതി കഴിയാറ് എല്ലാരും നിങ്ങൾ കാണാൻ പറ്റത്തില്ല കണ്ടാ ചോദിക്കാൻ വരുന്ന എന്തിനാ ഇത് മഹാഭാരതം അനുസരിച്ച് ശരിയല്ലെന്ന് ഞാൻ അതിനപ്പുറം നമുക്കറിയത്തില്ല ഡ്രോസ് അർത്ഥകാമോ വ്യാകപ്പൊക്കെ പറയുന്നുണ്ട് അർത്ഥേഷ കാമോ അർത്ഥം കൂടെ കാമ പിന്നെ അവര് നിന്നും കാരണം അത് അന്നത്തെ ഗുരുവരൊരു ഇവരെല്ലാം അന്നത്തെ വ്യവസ്ഥ അനുസരിച്ച് രാജാവിനോടൊപ്പം നിക്കണം അല്ലെങ്കിൽ ചതിയന്മാരാണ് അങ്ങനെ അവരൊരു പക്ഷെ മനസ്സുകൊണ്ടപ്പോഴും അവര് ധർമ്മത്തിന്റെ ഭാഗത്തുനിന്നും അത്രയുള്ളൂ അർത്ഥദാസന്മാരെന്നാണ് ഒക്കെ പറയുന്നത് അതൊക്കെ വ്യവസ്ഥയനുസരിച്ച് പറയുന്ന രാജാവിനും മന്ത്രിമാരും മറ്റുള്ള രാജാവിനുസരിച്ച് അർത്ഥദാസന്മാരും അവരെല്ലാം കൂടെ പറയുന്നത് അതിമാത്രം സസ്താണ് ഭോഗങ്ങളല്ല എന്ന് പറയുന്നത് ശരി അവനെ കൊല്ലം നിഷ്കാമാശ്ചേം കരണം അതിസക്തി വ്യാഖ്യാനിക്കുകയാണ് അവര് നിഷ്കാമന്മാരായിരുന്നുവെങ്കിൽ അവരുടെ ഭോഗങ്ങളെല്ലാം മോഷ്ടിക്കാൻ പറ്റും എന്ന് വെച്ചാൽ അവരുടെ ഭോഗ്യവസ്തുക്കളെല്ലാം നമുക്ക് മോഷ്ടിക്കാം അതുകൊണ്ടാണ് നിഷ്കാമനാണ് അവർക്ക് ആവശ്യമില്ല അപ്പൊ നമുക്കത് എടുത്തു മാറ്റാം അംഗീകരിക്കണം ഇതെന്തോട്ടാണ് പക്ഷെ വിസക്കുന്നവന്റെ അല്ലെ മോഷ്ടിക്കാൻ പാടില്ല അത് വലിയ പാവം എന്ന് പറയുന്നവരെയാണ് അവരിതൊക്കെ ആഗ്രഹിക്കുന്നവരാണ് അതിനെ അപഹരിക്കുന്ന ശനിയാണ് ഭീഷ്മനെ കുറിച്ച് പറയുന്ന ആളും കാരണം ഭീഷ്മർ സ്വയം രാജ്യം ഉപേക്ഷിച്ച അപ്പൊ പിന്നെ ഭീഷ്മരുന്ന രാജ്യം കുടിച്ചെടുക്കുന്ന എന്താ പ്രസംഗമേ വരെ രാജ്യം ദുര്യോധന ഭീഷ്മർ പാണ്ഡവന്മാരുടെ കൂടെ ചേർന്നാലും ഭീഷ്മകർക്ക് ഇതെല്ലാം കിട്ടും അതെല്ലാം എന്താണ് പാണ്ഡവർക്കെല്ലാം ഭീഷ്മും യുക്തിക്ക് നേരൊക്കെ പറയുന്നത് വിശക്കുന്നവരെ അല്ല മോഷ്ടിക്കാൻ പാടില്ല അതുപോലെ അതുപോലെ ഭാവമാണ് കേട്ടോഗങ്ങളെല്ലാം തട്ടിപ്പറിക്കുന്നത് അങ്ങനെ അത് അവർ നിഷ്കാമന്മാരായിരുന്നുവെങ്കിൽ അവരുടെ ബോധ്യവസ്തുക്കളെല്ലാം പിടിച്ചെടുക്കാമായിരുന്നു സഹിക്കാവുന്ന കാര്യമാണ് ഭരണമെന്ന് പറയുന്നത് ഒരിക്കലും ധർമ്മമല്ല എന്നാലും അത് സഖ്യ ഇതാകുന്നുണ്ടോ അത് അതോട് ഉദ്ദേശിക്കുന്ന ഇതാണ് ഒരു സന്യാസി അയാളുടെ മുകളിലെന്താണ് കുറച്ച് സമ്പത്തിരിക്കുന്നത് അയാൾ ത്യാഗിയാണ് സമ്പത്തിന്റെ ആവശ്യമുണ്ട് വേറെ എടുത്തോണ്ട് പോകുന്നു അയാളെ സംബന്ധിച്ച ദോഷമൊന്നുമില്ല ആർത്ത നിഷ്കാമന്മാരെ എടുത്തോണ്ട് പോകുന്നു എന്ന് ദോഷമൊന്നുമില്ല നമ്മളേത് സമ്പത്ത് എടുത്തോണ്ട് പോയാൽ ദോഷമില്ല നമ്മൾ നിഷ്കാമന്മാരല്ല അതൊരു ദോഷമാണ് നമ്മൾ പോലീസിൽ പോകും പരാതി കൊടുക്കും സി സി ടി വി നോക്കുക എന്തെങ്കിലും പോയിട്ടുള്ളൂ നിഷ്കാമന്മാരുടെ കാര്യം പറയണം അങ്ങനെയുള്ളവരാണെങ്കിൽ അവരോപേരിക്കുന്ന സമ്പത്ത് അവരുടേതായാലും എന്തായാലും എടുത്തുപോയ പ്രശ്നം അതിനൃശംസത്വ സൂചനായർത്ഥസുശബ്ദേവിശേഷം ധൈര്ക്യാദിനാകും താൻ ഹക്വാ അവരെ വന്നിട്ട് ഭിന്ന ഭാഷ വളരെ ക്രൂരമായ പ്രവൃത്തിയാണ് എവരെ കൊന്നിട്ട് എവരനുഭവിക്കേണ്ടത് ആയാസ്വഭോഗങ്ങളെല്ലാം പിടിച്ചെടുക്കുക അത് വളരെ ക്രൂരമായ ഒരു പ്രവൃത്തിയാണ് അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ദിന പ്രതികിധാണ് രക്തം പുരട്ടിയതെന്നോ രക്തം ഒഴിച്ചതെന്നോ രക്തം എന്നുള്ള അർത്ഥത്തിൽ അത് പറയാം അതിനൊന്നും മനസ്സിലാക്കുന്നതാണ് വളരെ ക്രൂരമായൊരു പ്രവൃത്തിയാണ് ഗുരുക്കന്മാരൻ അതായത് ഗുരുക്കന്മാരും വല്ലുന്നത് അതിൻ്റെ പരമാവധി അത് ഒഴിവാക്കേണ്ടതാണ് അത് അങ്ങേക്ക് അധർമ്മമാണ് എന്നുള്ള ഭാഗം ഇവിടെ പൂർവപക്ഷമായി കാണിക്കും എന്നിട്ട് സിദ്ധാന്തമായി കാണിക്കുന്ന എന്താണ് അതൊന്നും സാരമില്ല അവരെ കൊല്ലുക ഹിംസക്കെതിരായിട്ടുള്ള പരമാവധി വാദമുഖങ്ങളാണ് ഇവിടെ കൊണ്ടുവരുന്നത് എന്തിനു കൊണ്ടുവരുന്നു ഹിംസയെ അതിന് വേണ്ടിയിട്ടുള്ളത് കൊണ്ടുവരുന്നു ഹിംസക്കെതിരായി നിങ്ങൾ എന്തൊക്കെ വാദങ്ങളൊക്കെയായ ശരി എന്താണ് അവസാനം സംഭവിക്കുന്നതെന്ന് ഹിംസ അപ്പൊ ഹിംസ സംഭവിച്ചേ തീരുവ അതുകൊണ്ട് അതെല്ലാം സാധൂകരിക്കപ്പെടാം എന്നതാണ് അങ്ങനെയാണെങ്കിൽ അതൊക്കെ സ്വധർമ്മമാണ് ജാതി ജാതി ധർമ്മാണെന്നുള്ളത് വളരെ വ്യക്തമായ തന്നെ ഭാഷകാരം അത് സംശയവും ആ കാലത്തിന്റെ ഒരു പറയാൻ പറ്റും ഞാൻ എപ്പോഴും പറയുന്ന പോലെ അല്ല ഇന്നത്തെ മനുഷ്യർക്ക് സ്വീകാര്യമായ കാര്യങ്ങളല്ല പറയുന്നത് ഇന്നത്തെ ഹിംസാവാദികൾക്ക് സ്വീകാര്യമാണ് ഇന്നത്തെ ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഇതൊന്നും ഇവിടെ ആകെ ഹിംസയെ പരമാവധി സാധൂകരിക്കണം എന്നുള്ളൊരു ശ്രമമാണ് ഗുരുക്കന്മാരെ കൊല്ലുന്നത് അവരനുഭവിക്കുന്ന അനുഭവിക്കുക അതവരെ രക്തം പുരണ്ടതല്ലേ എന്ന് ചോദിക്കുകയാണ് തനിക്ക് രക്തം പുരട്ടിയിട്ടില്ല ആ ക്രൂരതയെ ഒളിവാകാൻ വേണ്ടി പറയുന്നു സാറ് ഒന്നേരിയിലും ീ ഹിംസയെ ന്യായീകരിക്കുന്ന ഒരു ഭാഗമാണ് അത് ഒഴിവാക്കിക്കളയേണ്ട ഭാഗമാണ് ആധുനിക വ്യാഖ്യാന കസരത്തുകളെല്ലാം ഇതിനെ ഒഴിവാക്കാനുള്ള ശ്രമമാണ് ഞാനും അങ്ങനെ ഒന്നുമൊക്കെ ഇത് ഇതും മനസ്സിലാക്കി ഹിംസയെ കർമ്മയോഗമായിട്ട് ബന്ധിപ്പിക്കാമെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു വുമായി ബന്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ധർമ്മം ധർമ്മം ധർമ്മം എന്ന ആൾക്കാർ ആവർത്തിച്ച് ആവർത്തിച്ച് പറയും എന്താ ഈ ധർമ്മം ഏതിനാണോ ധർമ്മം തുടങ്ങുന്നത് ജാതി ധർമ്മത്തെ ആണെങ്കിലും തീർത്ത് അല്ല അല്ലെങ്കിൽ സമൂഹത്തിന് ദോഷം വരാത്ത കർമ്മങ്ങളാണ് നല്ലത് വരുന്ന കർമ്മങ്ങളാണ് അതിന് ധർമ്മം എന്ന് പറയുന്നത് എങ്ങനെ നോക്കിയാലും കൊല്ലം ആരുടെ ജാതികർമ്മ അനുസരിച്ച് ഈ സഹകര്മ്മ അപ്പൊ അതിനെ ന്യായീകരിക്കാനുള്ള പല ശ്രമങ്ങളും കീഴിൽ നടത്തുന്നുണ്ട് അതിന്റെ ഒരു ശ്രമമാണ് വളരെ ക്രൂരത അതൊക്കെ തന്നെ പറയുന്നു വളരെ ക്രൂരതയാണ് ഗുരുവധ സാധ്യ പോകാതി തഥാമിക ദുർഭോജി ൗകിക സുഖമിര ശബ്ദിപ്രായുവിനെ ഗുരുക്കന്മാരെയൊക്കെ കൊന്നിട്ട് അവരനുഭവിച്ചു കൊണ്ടിരുന്ന രാജ്യം പിടിച്ചെടുക്കുകയായിരുന്നു ഇപ്പൊ രാജ്യത്തിന്റെ അസുഖങ്ങൾ എന്താ അനുഭവിക്കാൻ സഹോദരങ്ങളെ ഗുരുക്കന്മാരെ എല്ലാം കൊണ്ട് ഇതുവരും സ്വത്ത് തർക്കമാണ് ഈ സ്വത്ത് തർക്കത്തിന്റെ പേരിൽ കൊന്നിട്ട് അതൊക്കെ അനുഭവിക്കുമ്പോ ഗുരുസ്മൃതി രുചുരപ്രതിജ്ഞ ഗുരുസ്മൃതി അവരെയൊക്കെ എന്തെങ്കിലും ഓർക്കുന്ന അവരോർത്തുകൊണ്ടെന്നെ ഇതൊക്കെ അനുഭവിക്കാൻ പറ്റും ഗുരുക്കന്മാരെയും ഓർത്തുകൊണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ അനുഭവിക്കാൻ പറ്റും അതുകൊണ്ടെന്ത് വരുന്നു ദൃഗോച അതും അങ്ങനെയുള്ള കാര്യങ്ങൾ അനുഭവിക്കുന്നത് യോഗ്യമല്ല അങ്ങനെയുള്ള സ്വഭോഗം പോലെ അനുഭവിക്കുക അവർക്കെന്ത് വരുന്നു ഐക ലൗകിക സുഖമുണ്ടി നാസി ലോകസുഖമുണ്ടാവും എന്നാണ് അപ്പോ മഹാഭാരതം കഥയിൽ നോക്കുമ്പോഴാണ് അങ്ങനെ എന്തിനാണ് യുദ്ധം കഴിഞ്ഞതിന് ശേഷം അവര് സുഖമായിട്ട് ജീവിക്കുന്നൊക്കെ ഉണ്ട് അതുകൊണ്ട് കേട്ടോ മഹാഭാരതം അവര് സന്തോഷിക്കുന്നു എന്നൊക്കെ മഹാഭാരതത്തിലുണ്ട് െ അനുഭവിച്ചു ജീവിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഏതെല്ലാം സന്ദർഭങ്ങളാണോ ഇവരുടെയൊക്കെ ഓർമ്മകൾ വരുന്നത് ഇവിടെ പറഞ്ഞതുപോലെ ആ ഓർമ്മകൾ വരുന്ന സന്ദർഭങ്ങളെല്ലാം ഇവരെല്ലാം തന്നെ അത് ശരിയാണ് അവരെ ഓർമ്മിക്കാതിരിക്കുമ്പോ ധർമ്മപുത്ര പോലും ഈ ദുര്യോധന ഇത്രയൊക്കെ വേണ്ട ദിനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആ ദുര്യോധന കൊന്നതോർത്ത് പലതരത്തിൽ കരയുന്നു കൊന്ന രീതി ചതിയിൽ കൊന്നു അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്തായാലും അവരെ മരിച്ചാലും എനിക്ക് ഇത്രയും ദുഃഖം വരത്തില്ല ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന ദുഃഖം എന്നൊക്കെ ധർമ്മൻ പറയുന്നു അപ്പൊ ഈ പറയുന്നത് ശരിയാണ് ആ ഓർമ്മ ദുഃഖത്തെ ഉണ്ടാകുന്നത് ഓർക്കാതിരുന്ന സന്തോഷം മഹാഭാരത രണ്ടുമുണ്ട് അവര് സന്തോഷിച്ചതായിട്ടും പറയുന്നുണ്ട് ഇതൊക്കെ കൈ കിട്ടിയല്ലോ പക്ഷെ അവരെ കോർത്ത് ദുഃഖിക്കുന്നതായിട്ടും പറയും അപ്പോ ഹിംസയെ സാധുകരിക്കാൻ വേണ്ടി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും ഹിംസ സാധുകരിക്കത്തില്ല അപ്പോൾ ഇത് എല്ലാം പിന്നെ എന്തിനാ ഇങ്ങനെയുള്ള ക്രൂരകർമ്മങ്ങളെയൊക്കെ സാധ്യത ഇരിക്കുന്ന ഇത് കഴുകും അത്രയാണ് ക്ഷത്രിയനെ കൊണ്ട് യുദ്ധം ചെയ്തു എന്തുകൊണ്ട് അവൻ്റെ ജാതി ധർമ്മമാണ് കുടധർമ്മമാണ് അവനൊരിക്കലും അതിന്റെ പിന്തു പിന്മാറാൻ പാടില്ല ജാതകർക്കോർമ്മ അതാണ് ഈ ഭാഗങ്ങൾ മൊത്തം അതാണെന്ന് ഞാൻ പറയുന്നത് ഇവിടെയുള്ള ചികിത്സയിൽ ന്യായീകരിക്കുന്ന ഭാഗങ്ങൾ വരുന്നു അത് കഴിഞ്ഞു വെച്ച് ആരും കഴിഞ്ഞു അതുകൊണ്ട് മനുഷ്യർ കുറവുന്നുണ്ട് അവരെ തള്ളിക്കളയേണ്ട കാര്യങ്ങളാണ് പറയുന്നു കറി തേശും ആശുരേഷും ഉപദേശി പദ്രുദ്ധനയുടെ ഉപസിച്ചു അനുസരിച്ചിരുന്ന അവരുടെ രക്തത്തെ ഒരു കറിയാക്കി അതുകൊണ്ട് അവരനുഭവിച്ചല്ല അനുഭവിക്കുക അവരിടുന്ന സ്ഥലങ്ങളിൽ ഇവിടെ സ്ഥാനങ്ങളിരുന്നുണ്ടെന്ന് പറയുന്നത് ഇവിടെ അർജുനൻ ചിന്തിക്കുന്നതാണ് ശരി നൂറ് ശതമാനം സിനിമ സാറിന ഭാഷകാരനൊക്കെ പറയുന്നത് ഗീതാ പ്രസപ്തൊക്കെ പറയും ശോകമോഹാവിഷ്ണുനായും ധർമ്മസമൂട ചേതന എന്നൊക്കെ കുറെ ഡയലോഗുകളുണ്ട് നിങ്ങൾ സാറിന് ഗീതാപ്രഭാഷകളൊക്കെ ഉണ്ടാകും എന്തോ ശ്ലോകമോ കൊല്ലരുതെന്ന് പറയും അത് അതിന്റെ ദോഷങ്ങളെ കുറിച്ച് പറയും ഇത് ശ്ലോകമാണോ അത് വിവേകമോ മനുഷ്യൻ്റെ എന്താണ് ഇത് വിവേകമോ മനുഷ്യൻ്റെ അതോടെ ശ്ലോകമോ ആവശ്യം ഇതേ പറയും നീ പറയുന്നത് ഒരു വിവേകിയുടെ ഭാഗമാണ് ഒന്ന് ആ സൗഭാഗ്യങ്ങളൊന്നും വേണ്ട അതും ആരെ എന്ന് പറയുന്നിടത്ത് എവിടെയാ ലോകമോകാ ആ വിഷ്ടമെന്നൊക്കെ പറയും മറ്റൊരു കാര്യം പറയാത്താണ് അദ്ദേഹം കരയുന്നുണ്ട് മനുഷ്യ കരയുന്നതിന് യാതൊരു തെറ്റുമില്ല എന്തുകൊണ്ട് മനുഷ്യ തിന്മ കാണുമ്പോ അത് സഹിക്കാതെയോ കരയുന്നു അങ്ങന്റെ ദുഃഖം കാണുമ്പോ തനിക്ക് ആ ദുഃഖത്തെ നിവർത്തിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് വിചാരിച്ചും മനുഷ്യൻ കറിയും അതിനെന്താ ദോഷം മനുഷ്യനെന്തോ റോബോട്ടുകളാണോ ഇപ്പൊ കരയില്ല ദുഃഖിക്കുക എന്നൊക്കെ പറയുന്ന എന്തോ പാദമാണോ കരയാതിരിക്കുന്നതാണോ ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടാണ് കരയേണ്ട സന്ദർഭം എന്നൊക്കെ അതിന്റെ രോഗമോഹം ഒരിക്കലും തെറ്റായ കാര്യങ്ങളല്ല അത്രയെങ്കിലും കഴിയുന്നുണ്ടല്ലോ ഒരു മനുഷ്യനെ എന്താണോ വളരെ ക്രൂരമായി പീഡിപ്പിക്കുന്ന കാണുമ്പോ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അയാളെ രക്ഷിക്കാൻ നമുക്ക് കഴിയുന്നതെങ്കിൽ കുറഞ്ഞ പക്ഷം ഒന്ന് ചെയ്യണം കരയുന്ന എന്ന് പറയുന്നതാണ് മനുഷ്യരെന്താ ദോഷം കരയുന്നതിന് മോശം മോശം പ്രവൃത്തിയാണ് എന്താ കരയാതെ മസ്സിൽ പിടിച്ചിരിക്കുന്നതാണ് സമചിത്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വിവരഘടന കൂടെയാണ് അതിന്റെ കാര്യങ്ങളും മനുഷ്യർ എന്ന് പറയുന്നത് അങ്ങനെ ഒന്നല്ല മനുഷ്യൻ മനുഷ്യർ എന്ന് പറയുന്നത് എന്താണ് ഒരു ജൈവഘടന പിന്നെ ഇവിടെ പറയാതെ അസ്ഥാനത്താണല്ലോ അസ്ഥാനത്താണോ അതെങ്ങനെ അസ്ഥാനത്താണോ ബന്ധുക്കളെയൊക്കെ ഗുരുക്കന്മാരെയൊക്കെ കൊണ്ടപ്പോ കൊടുന്ന് ഓർമ്മ സംഘടന ആസ്ഥാനത്താണ് ശത്രുക്കളെ ഒരു പോരാളിയാണ് ശത്രുക്കൾ അത് ക്രൂരന്മാരാണ് ദുഷ്ടന്മാരാണ് രാക്ഷസന്മാരാണ് അവരെയൊക്കെ കൊല്ലാൻ നേരത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ അതും ഇന്നത്തെ ആഗ്രഹമനുഷ്യനെ സംബന്ധിച്ച് അത് ശരിയല്ല അത് ശരിയല്ല മനുഷ്യരെയൊക്കെ കൊന്നിട്ട് ഭൂമിയുടെ ഭാരം കുറയ്ക്കുകയെന്ന് പറയും വളരെ പ്രാകൃതമായിട്ടില്ല അവര് ദുഷ്ടന്മാരുണ്ടെങ്കിലും ശിഷ്ടന്മാരുണ്ടെങ്കിലും വെയിറ്റ് നോക്കിയാൽ രണ്ടുപേർക്കും ഒരേ വെയിറ്റ് അപ്പൊ ഇവര് ആരെങ്കിലും കൊന്നിട്ട് കൊന്നുകൊണ്ട് ഞാൻ ഭൂമിയുടെ ഭാരമൊന്നും പറയത്തില്ല അത് ഓരോ പ്രാകൃത ചിന്ത ദുഷ്ടന്മാരെ അവരെ നന്നാക്കാൻ കഴിഞ്ഞാൽ കണ്ടവ കഴിയുമില്ല അതിനാണ് ശ്രമിക്കേണ്ടത് അല്ല കൊന്നിട്ട് സ്ഥലം കാലിയാക്കുക ഒന്നാണ് മനുഷ്യൻ്റെ ദുഷ്ടവേഖല അല്ലെങ്കിൽ പിന്നെ ആത്മീയവേദം പ്രയോജനമൊന്നും അതുകൊണ്ട് അതാണ് ഏറ്റവും ശ്രേഷ്ഠ കഴിയുമെങ്കിൽ അത് ചില സ്ഥലങ്ങളിൽ അത് പരാജയപ്പെടുമ്പോഴാണ് ഇങ്ങനെയുള്ള കുറകളൊക്കെ നടക്കുന്നത് പക്ഷെ ഇന്നത്തെ മനുഷ്യന്റെ മനസ്സാക്ഷി എന്നോട് യോജിക്കുന്നില്ല പക്ഷെ ലോകത്ത് അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ അത് മനുഷ്യനംഗീകരിക്കേണ്ടി വരും അങ്ങനെയാണ് പല കാര്യങ്ങളുണ്ട് നമ്മുടെ മനസ്സാക്ഷി എന്താണ് ചില കാര്യങ്ങളോട് യോജിക്കുന്നില്ല എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരും ഉദാഹരണം പറഞ്ഞ കള്ളത്തരങ്ങൾ എന്ത് കള്ളത്തരങ്ങളെന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കള്ളത്തരം ചെയ്യുമ്പോ നമ്മുടെ മനസാക്ഷികളെ യോജിക്കുന്നില്ല ശരിയല്ല ചെയ്യുന്നതിനുള്ളിൽ അറിയാം പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യും അത്യാവശ്യ കള്ളത്തരങ്ങളെല്ലാം പാക്ക് കൊണ്ടും പുറപ്പെടുത്തി കൊണ്ടും എഴുത്തുകൊണ്ടും എല്ലാം ചെയ്യാം അപ്പൊ അങ്ങനെ ഒരു ബോധത്തോടുകൂടിയാണ് വിശ്വസിക്കുന്നത് ചിലപ്പോൾ മനുഷ്യന്റെ ആ സാഹചര്യത്തിന്റെ സന്ദർഭം കൊണ്ടായിരിക്കും മനുഷ്യർ അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷെ എന്ന് വിചാരിച്ച് നന്മയുള്ള ഒരു മനസ്സാണെങ്കിൽ ഒരിക്കലും അവന്റെ മനസ്സ് കള്ളത്തരത്ത് സാധുവരിക്കുന്നില്ല തെറ്റ് തന്നെ നടക്കൊണ്ടെന്നില്ല പിന്നെ എന്തുകൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല സാഹചര്യങ്ങൾ അങ്ങനെ ചെയ്യാതിരുന്ന അതാണ് നല്ലത് പക്ഷെ ചെയ്യാൻ കഴിയുന്നില്ല എന്ത് ചെയ്യാം അതുപോലെ എവിടെയെങ്കിലും കൊല്ലം നടക്കുന്നുണ്ടെങ്കിലും മനുഷ്യന്റെ മനസ്സ് കൊല്ലുന്നത് തെറ്റാണെന്നൊരു ബോധം തന്നെ കാണും അതവന്റെ മനസാക്ഷിയിൽ കാണും എന്നാലോ ചിലപ്പോൾ പൊന്നേണ്ടി പൊതുവെ അങ്ങനെയാണ് തീരെ വിവേകമില്ലാത്ത പക്ഷേ അങ്ങനെയാണ് അതിന്റെ ഗൗരവം മനസ്സിലാക്കാതെ അതുകൊണ്ട് ഒന്നത്തെ ഭൂമിയുടെ ഭാരത്തെ ഒഴിവാക്കുക എന്നൊക്കെ വളരെ പ്രാകൃതമായിട്ടുള്ളത് ഇവിടെ അതൊക്കെ പറയുള്ളൂ ഇവിടെ ഇന്നതൊന്നും നമുക്ക് ലോകത്തെ ബോധിപ്പിക്കാൻ ഇന്ന് തരുന്ന ആ സ്നേഹം പ്രേമം ഇതൊക്കെയാണ് ലോകത്ത് നിന്ന് കൊടുക്കുന്നത് സന്ദേശം എന്ന് പറഞ്ഞിട്ട് അൻ്റെ മസാല കൂടെ ചേർത്ത് കുലകൂടം കൊടുക്കാൻ പറ്റിട്ടുണ്ട് അന്ന് സാധിക്കാനും പറ്റത്തില്ല അത് ഒഴിവാക്കാനേ പറ്റും അതായത് ആ അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നു അതായത് സന്ദർശങ്ങളൊക്കെ ഉള്ളിലാണ് എന്നൊക്കെ പറയുന്നത് അതൊക്കെ ആണ് പക്ഷെ ഇവിടെ വരുന്നത് എന്താണ് ബ്ലഡാണ് നേരിട്ട് വരുന്നത് അപ്പൊ ഉടനെ സംഘർഷം നടന്നത് ബ്ലഡ് വരുന്നത് അങ്ങനൊക്കെ ഇത് ഇതിനെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് എന്താണ് മറ്റൊരു ബുദ്ധിക്കസരത്തും വൃഥാവ്യായാമം സത്യസന്ധത എല്ലായ്മയായിട്ട് മാറും അപ്പോ നമുക്ക് എന്താണ് ഇതിനോടൊക്കെ ഉള്ള അർത്ഥശൂന്യമായ കടപ്പാട് അതാണെന്ന് സമ്മതിക്കേണ്ടി വരുമ്പോ അത് ശരിയില്ലെന്ന് നോക്കുന്നു ഇത് വലിയ കാലത്ത് അത്തരം കടപ്പാടുകളൊക്കെ ആവശ്യമായിരുന്നു അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥകള് എന്താ ഇതിന്റെ ആവശ്യം അങ്ങനെ ഒരാശയമുണ്ടെങ്കിൽ എന്താണ് ലോകത്തോടെ എല്ലാ സംഘർഷങ്ങളും മാനസികമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും അങ്ങനെയല്ല ലോകത്ത് നിന്നും സംഘർഷം മാനസികമായും ബാഹ്യമായും നടക്കുന്നുണ്ട് നമ്മള് പറയത്തില്ല അകത്തും മനസ്സിലാണ് ലോകത്തിന്നും മനുഷ്യന്റെ ഇടയില് ആന്തരികമായും ബാഹ്യമായി സംഘർഷം നടക്കുന്നുണ്ട് ഈ ബാഹ്യമായി നടക്കുന്ന സംഘർഷങ്ങളിൽ നിന്നും നമുക്ക് ആന്തരിക സംഘർഷമായി വ്യാഖ്യാനിക്കാൻ അതുകൊണ്ട് യാതൊരു പ്രയോജനവും എന്തെങ്കിലും പ്രയോജനമില്ല ഇസ്രായേൽ നമ്മുടെ ആന്തരിക സംഘർഷം തുടങ്ങിയിരുന്ന എന്തെങ്കിലും പ്രയോഗം ആരുടെയും ബാഹ്യമായ സംഘർഷങ്ങളെല്ലാം ബഹിം തന്നെയാണ് അതിന് അതിന്റേതായ പരിഹാരങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് അതിനെ നമ്മൾ ആന്തരിക സംഘർഷമായി വ്യാഖ്യാനിച്ചിട്ട് മോക്ഷം നേടിയൊണ്ട് യാതൊരു പ്രയോജനവും രാഷ്ട്രീയമായ പരിഹാരങ്ങളാണ് സംഘർഷം ഉണ്ടാക്കുന്നില്ല അതങ്ങനെ ആന്തരികമാകും ഒരിക്കലും ആകത്ത ആന്തരിക സംഘർഷം വേറെ തന്നെയാണ് ആന്തരിക സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിന് ആത്മീയത ഒരു പരിധിവരെ സഹായിക്കും ഒരു പരിധിവരെ ഒന്നും കണ്ടു പറയുന്ന പോലെ എല്ലാ രീതിയിലും എല്ലാ ആന്തരിക സംഘർഷങ്ങളെയും നമുക്ക് ആത്മീയതയോടൊന്നും പരിഹരിക്കാൻ പറ്റില്ല അകുബരദേവൻ പറയുന്നുണ്ട് നമ്മുടെ ഭാരതത്തിലെ തൊണ്ണൂറ്റിയേഴ് ശതമാനം ജനങ്ങളും ഈശ്വര വിശ്വാസികളാണ് ഒരു മൂന്ന് ശതമാനവും വെച്ചാൽ എല്ലാ മതങ്ങളെയും തൊണ്ണൂറ്റിയേഴ് ശതമാനം ഈശ്വര വിശ്വാസികൾ എന്ന് വെച്ചാൽ തൊണ്ണൂറ്റിയേഴ് പക്ഷേ ഇന്ത്യയുടെ ക്രൈം റേറ്റ് എന്ന് പറയുന്നത് ഭേദപ്പെട്ട രീതിയിലാണ് ഒട്ടും മോശം അപ്പോൾ ആത്മീയതയിൽ നമ്മൾ ഇത്രയും മുന്നിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത് മുന്നോട്ട് ക്രൈമിന്റെ കാര്യത്തിൽ നമ്മൾ തീരെ മോശമാണ് നമ്മളെക്കാളും ക്രൈം റേറ്റ് ഒരുപാട് രാജ്യങ്ങളുണ്ട് അത് എന്താണെന്ന് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ കാര്യം നടന്ന നാഷണൽ ബ്യൂറോ ക്രൈമിയർ മോൾസ് പരിശോധിച്ചവർ നെറ്റില കിട്ടും എല്ലാം നോക്കും രണ്ടായിരത്തി ഇരുപതില് ഇന്ത്യയിൽ നിന്ന് ഒരു പഠനം ട്യൂസരിച്ചൊക്കെ ടി ഇ ഡബ്ല ഒരു നെറ്റിനോ അവരൊരു അപ്പോ ഇന്ത്യയിലെ മതം വിചാരിച്ച വിശ്വാസങ്ങൾ മതങ്ങളിലൊക്കെയുള്ള പ്രശ്നങ്ങൾ എല്ലാ ചർച്ച ചെയ്യുന്നുണ്ട് ഒരു സാമ്പിൾ സർവേയാണ് അത് ഇത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം സാധിക്കും കുറച്ചൊക്കെ പക്ഷേ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് വലിയ വരുന്ന ആത്മീയതയിലുണ്ടെങ്കിലും അനാഥ ഗുണവും ദോഷവും എല്ലാം ചർച്ച ചെയ്യും വിശദമാണ് എന്തുകൊണ്ട് ഭാഗ്യമായി പറയുമ്പോ കഴിഞ്ഞു നടക്കുന്ന പല കാരണങ്ങളും ആത്മീയതയുണ്ടെന്ന് വിചാരിച്ചു അത് തന്നെ ചിലപ്പോൾ അതിന് കാരണമായി പറയുന്നു അപ്പൊ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത് ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലതാണ് അപ്പൊ അവിടെ വ്യക്തിത്വത്തെ കാണുന്നത് എന്താണ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ ഒരു വ്യക്തിത്വത്തിൽ ഒരു ഉത്തരവാദ ഒരു പൗരനാ പൗരനായി അവനെ പരിപ്പിക്കുന്നതിന് എന്തെല്ല അനുകൂലമായിട്ടോ അതെല്ലാം കൂടെ ചേരുന്നതാണ് ആത്മീയത അവന് ഉത്തരവാദിത്വമുള്ളവനായിരിക്കും അവരുടെ കർത്തവ്യങ്ങളെ കുറിച്ച് ബോധമുള്ളവനായിരിക്കും അവൻ സമൂഹത്തിൽ ഉപദ്രവമായി മാറുക ഇതിനൊക്കെ സഹായിക്കുന്ന എന്തെല്ലാം ഘടകങ്ങളുണ്ടോ അതെല്ലാം ചേരുന്നാണ് ഒരു രാത്മീയതാകുന്നത് അല്ല നമ്മളീ പറയുന്ന പോലെ ഭക്തിയും കർമ്മവും ജ്ഞാനവും മാത്രമാണ് വിശ്വാസവും മതവിശ്വാസങ്ങൾ അതൊക്കെ തന്നെ മനുഷ്യന് ഒരുപാട് പ്രേമുണ്ടാകും ഈശ്വര വിശ്വാസം മനുഷ്യൻ ആകെ തീർച്ചയായും ഉണ്ടാകുന്നു അപ്പോ എന്താണ് അത് ഒരു വ്യക്തി എങ്ങനെ ഒരു ദുരവാത്തമുള്ള ഒരു വ്യക്തിയാകുന്നു സമൂഹത്തോട് അങ്ങനോട് അതാണ് അവൻ്റെ ആത്മീയതയുടെ അടിത്തറാവുന്നത് അല്ല നിങ്ങൾ എത്ര മന്ത്രം ജപിച്ചു എത്ര ഗണപതി ഹോമം നടത്തിയാവുന്നു അത് ദോഷമുള്ള കാര്യമില്ല അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ആത്മീയതയെ നിർവചിക്കാൻ പറ്റും അപ്പൊ നമുക്കിങ്ങനെ തൊണ്ണൂറ്റിയേഴ് ശതമാനം നമ്മള് വിശ്വാസികളായിരുന്നിട്ട് നമ്മൾ കളയുന്ന പല കാരണങ്ങളുണ്ടായിരുന്നു എന്തുകൊണ്ട് ഇവിടുത്തെ ഇത്രയും വലിയ ജനസംഖ്യ തൊണ്ണൂറ്റിനാപ്പത്തിനാല് കോടിയ താരതര്യം രാഷ്ട്രീയം പരസ്പര വിരുദ്ധങ്ങളായ മതങ്ങളും ഇതെല്ലാവിധ കാരണങ്ങളുണ്ട് ആ എല്ലാ പ്രശ്നങ്ങളെയും നമ്മൾ ആത്മേയതുകൊണ്ടൊന്നും പ്രതികരിക്കണം നടക്കുന്ന കാര്യങ്ങൾ അതായത് പലതരത്തിലുള്ള പല പരിഹാരങ്ങൾ ആവശ്യമാണ് ഓരോ പ്രശ്നത്തിലും അതിൻ്റെതായ ദാരിദ്ര്യം ഉണ്ടെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലൂടെ തന്നെ പരിഹരിക്കും പ്രയുമുണ്ടെങ്കിൽ എല്ലാവരും കൂടും മെച്ചപ്പെടുന്നു ചിലവഴി നമ്മളൊരാളെ നന്നായി വിചാരിച്ച് ലോകമൊന്നും നന്നാണ് ഒരാൾ മോശം എന്ചാരിച്ച് ലോകമോശമാണ് ഇങ്ങനത്തെ പല വിഷയങ്ങളിൽ അതുകൊണ്ട് ആത്മേത ഇല്ലാത്തതിന് പരിഹാരമാണ് എന്ന നിലയിൽ നിന്നും അർത്ഥമില്ല കുറഞ്ഞ വർഷം ഇത്തരത്തിലുള്ള എന്താണെന്ന് ഹിംസാത്മകമായ ആശയങ്ങളെ പിന്തുണയ്ക്കാതെ കഴിഞ്ഞു വിശ്വാസം വേണ്ട ഈശ്വര വിശ്വാസം തന്നെ മനുഷ്യനെ നന്നാക്കണമെങ്കിൽ ഏത് തരത്തിലുള്ള ഈശ്വര വിശ്വാസമാണ് മനുഷ്യനെ നന്നാക്കണം അതായത് ഈശ്വരൻ അവന്റെ ഹൃദയത്തിലിരിക്കുന്നു എന്നുള്ളൊരു വിശ്വാസമാണ് ഏറ്റവും മെച്ചപ്പെട്ട വിശ്വാസം അത് മാത്രമല്ല ആ ഈശ്വരൻ കർമ്മസാക്ഷിയാണെന്നുള്ള ദൃഢമായ വിശ്വാസം അത് മാത്രമല്ല അവന്റെ എല്ലാം നന്മകളും കുടുംബങ്ങളും എല്ലാം അറിയുന്ന ഈശ്വരൻ തന്റെ ഉള്ളിലെത്തിക്കുന്നു പ്രാമയം സർവഭൂത എന്നുള്ള ബോധം ബോധമെന്നില്ല വിശ്വാസം ഞങ്ങളുടെ ബോധമാണ് വിശ്വാസം അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മനുഷ്യനെന്ത് ചെയ്യാൻ പറ്റും തിന്മാളന്നവനെങ്കിലും മാറാൻ പറ്റുമെന്നു കൊണ്ട് തനത് മോശം പ്രവർത്തിക്കഴിഞ്ഞാൽ എന്റെ ഈശ്വരനെന്ന് അറിയുന്നു സി സി ടി വി മുമ്പ് കൊണ്ടായിരുമ്പോഴത്തേക്കാൻ ധൈര്യപ്പെടാറുണ്ട് ചെയ്യും അതുപോലെ സി സി ടി വി പോലെ ഉടനെ ഈശ്വരനെ ധൈര്യുന്നു അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ബോധം നൽകി നമ്മള് ധർമ്മസാക്ഷിക്കും ആ ഒരു ഈശ്വര വിശ്വാസം മാത്രമേ മനുഷ്യന് തിന്മകളിൽ നിന്നും മോചിപ്പിക്കൂ അതിന് വർച്ച വിശ്വാസവും അല്ലാതെ പഴയകാലത്ത് മനുഷ്യനെ പേടിപ്പിച്ചിരുന്നത് പോലെ എന്താണ് പരലോകം ഇവിടെ തിന്മ ചെയ്തു പോയാൽ അവിടെ നരകത്തിൽ പോകും നന്മ ചെയ്ത് സ്വർഗത്തിൽ പോകും അതൊന്നും കൊണ്ട് മനുഷ്യനെ യാതൊരു പോകുന്ന പോകട്ടെ അവിടെ പരിസ്ഥിടുത്ത് വെച്ച് കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു പക്ഷെ ഈശ്വരൻ തന്നെ കൊണ്ടിരിക്കണം തന്റെ ഓരോ പ്രവൃത്തിയെയും ഓരോ വിചാരങ്ങളെയും ഓരോ ചിന്തകളെയും ഈശ്വരൻ അറിയുന്നു എന്നൊരു ദൃഢവിശ്വാസമുണ്ടെങ്കിൽ അവൻ അതേ ഒരു വഴിയും ഈശ്വരവിശ്വാസത്തോടെ അവർക്കു നന്നാണോ അത് ഇതിപ്പറയുന്നവരുന്നില്ല അപ്പൊ അവനത് പിന്മാറാനൊരു പ്രേരണയാണ് അവൻ്റെ നിർവിചാരങ്ങളിൽ നിന്നുള്ളിൽ പ്രവർത്തിക്കുന്ന ലോകത്തിൽ തീർച്ചയായിട്ടും അതൊരു പ്രയോജനമാകും അല്ലാതെ ഈശ്വരൻ വിശ്വാസം മനുഷ്യനൊന്നും ആശ്വരൻ ലോകത്തെ മുഴുവൻ ദുഷ്ടന്മാരെ നശിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അവരെന്താകും പ്രയോഗം പഴയ കാലത്ത് ഓരോ മൂട്ട വിശ്വാസങ്ങളാണ് ഈ പറയുന്ന രീതിയിലാണെങ്കിൽ ഒരാൾക്ക് അതിന്റെ ഒരു വിശ്വാസം ദൃഢമായിരുന്നു ദൃഢമായ വിശ്വാസം തെറ്റ് ചെയ്തില്ല തെറ്റ് ചെയ്താൽ പോലീസ് പിടിക്കുമെന്നുള്ള ഒരു ഭയം തന്നെ അതിന് എന്താണ് തെറ്റ് ചെയ്താൽ ഈശ്വരൻ എന്നെ അറിയും എന്നുള്ളവർ പോലും എന്തുകൊണ്ട് ഈശ്വരൻ ഹൃദയത്തിലാണ് ഇരിക്കുന്നത് മാത്രമേ മനുഷ്യന് നന്മയുടെ മാർഗത്തിൽ മുന്നോട്ട് വിശ്വാസത്തിനെ കഴിയുമില്ല അതില്ലാത്ത വിശ്വാസത്തോടൊന്നും പ്രയോജനമില്ല അതുകൊണ്ടാണ് ഈ മതം വിശ്വാസികൾ ക്രൂരകർമ്മങ്ങളിൽ ഏറെ മനുഷ്യരെ യാതൊരു മയമില്ലാതെ കൊല്ലുന്നത് അതുകൊണ്ട് കാരണം അതിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കാനുള്ളൊരു ധാരണ അവൻ്റെ ഉള്ളിലില്ല അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ് കബിനിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഈ ഒരു കാഴ്ചപ്പാടിന് ഇതെല്ലാം എഴുതിയിരിക്കുന്ന ഒരാളാണ് മനസ്സിലാവുന്നത് ഇത്രയും ശക്തമായി ഹിംസക്കെതിരെ ഒരു വാദം കൊണ്ടുവന്നിട്ട് പിന്നെ ഹിംസ ആകാം എന്നുള്ളൊരു നിലപാടി വരുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഹിംസയെ കൗരവന്മാർ കൗരവന്മാർക്ക് ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങളിതൊക്കെ മറന്നുപോകും കൗരവന്മാർക്ക് ഇങ്ങനെ ഒരു ചിന്തയില്ല സാക്ഷാത് ദുര്യോധനം തന്നെ ചെന്നു ഭീഷ്വരോടും നോവലോടും പറയും എനിക്ക് രക്ഷ ചെറിച്ചും താല്പര്യമില്ല എനിക്ക് ബന്ധുക്കളൊക്കെ വല്ലാൻ താല്പര്യമില്ല നമുക്കിത് അവസാനിപ്പിക്കാം എപ്പോ ഇതേ ചിന്ത മഹാഭാരതത്തിന് ഇതിനു മുമ്പ് അപ്പോഴാണ് ഈശ്വരൻ തെരുവ് നമുക്കടിക്കാം നീ ധൈര്യമായിട്ട് അല്ല ചിന്ത വന്നിട്ടില്ലെന്നുണ്ടാകില്ല പലരുടെയും വീട് മാറ്റുന്നുണ്ട് മനുഷ്യനാണോ അവന്റെ വീട്ടിലൊക്കെ വരുന്നത് പക്ഷെ ഇവിടെ എന്താ ചെയ്യുന്നത് ഇതിനെയെല്ലാം പൂർവപക്ഷ അതാണ് കുഴപ്പം മഹാഭാരതത്തിൽ അങ്ങനെ ചെയ്യുന്നതിന് വ്യക്തമായ താത്പര്യമുണ്ട് എന്തുകൊണ്ട് അർജുനങ്ങനെ വരുന്നത് കൊണ്ട് ഒരുപാട് അല്ലാ സൗഹൃദനുകൊണ്ട് യുദ്ധം വേണ്ടാത്തവരുടെ നിലപാട് എടുപ്പിക്കുന്നു എന്തുകൊണ്ട് ഇനി ദുര്യോധനം തന്നെ ചിന്തിച്ചാൽ ശരി വേണ്ടാമെന്ന് അത് കൂടിയേറ്റീരുന്നു ഭീഷ്മരും ദ്രോണരും ഇതുരും അവരൊക്കെ ധർമ്മത്തിന്റെ പക്ഷത്താണോ ധർമ്മപുരുത്തരും പഞ്ചപാണ്ഡവന്മാരും യുദ്ധം വേണ്ടാത്തവർ നിലപാട് കിട്ടുന്നു പലതവണ എടുക്കുന്നുണ്ട് യുദ്ധം മാത്രമല്ല അർജുനെന്ന് പറയുന്നു ും പറയുന്നുണ്ടെ ഇതെല്ലാം പൂർണ്ണോക്ഷോ എന്ത് ചെയ്യുന്നു അവസാനം യുദ്ധത്തിലേക്ക് കൊണ്ടുപോവുകയാണ് എന്തിനു വേണ്ടി അവന്റെ കർമ്മ യുദ്ധമാണ് ചെയ്തേ തീരവും സ്വതർമ്മേ നിധന നീ മരിച്ചു കഴിഞ്ഞാലും ഒന്ന് വരും പല ലോകത്തെത്തിച്ചേരും ഇവിടെ അറിയുന്ന പറയും ഇത്തരം ഒരു പ്രാകൃതമായ കാഴ്ചപ്പാടും എൻ്റെ ഇതിനെ പറയാൻ പറ്റൂ ആ കാലത്ത് പക്ഷേ ശരിയേ കാലഭേദം കൊണ്ട് ഇതിനെയൊക്കെ ഇന്നത്തെ കാലത്തോ ഇനി വരുന്ന കാലത്തോ ഇതൊന്നും ശരിയായ കാര്യങ്ങളല്ലെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ശരിയായി നമ്മളാ കാലത്തല്ല ജീവിച്ചത് ഇന്നത്തെ കാലത്ത് ജീവിക്കും നമ്മൾ നമ്മുടെ ചുറ്റുപാടും നോക്കുക ഈ മദ്യ പുറത്തുകൂടി തലയിട്ടൊന്നും നോക്കും ലോകം എങ്ങനെയാ ചെല്ലെങ്കിലും സമൂഹത്തിന്റെ പോക്ക് അവരുടെ ഡയറക്ഷൻ എങ്ങനെയാണ് സമൂഹം എതിരായിട്ട് അത് നടക്കുന്നുണ്ടെങ്കിൽ എതിരായി ചെറിയ പഴയകാലത്ത് അങ്ങനെ എന്താ ഇത് പൂർണ്ണമായും ന്യായീകരിക്കുകയാണ് അങ്ങനെ ന്യായീകരിക്കുമ്പോൾ എന്താണ് വരുന്ന ഏറ്റവും ദോഷം നമ്മൾ കൊല്ലുന്നവൻ്റെ ഉയറും പ്രയോജനയും വൈരാഗ്യം അവരുടെ എല്ലാം നമ്മൾ വളരെ കറക്റ്റായി നിരോണം ചെയ്യുന്നത് പക്ഷേ മരിക്കുന്നവന്റെ വേദനയെക്കുറിച്ച് എന്ത് ചെയ്യുന്നില്ല അതാണ് പ്രശ്നം അത് വളരെ സങ്കടകരമായ കാര്യം മരിക്കുന്നത് കൊല്ലപ്പെടുന്നത് കുറച്ച് വേദനിക്കുന്ന കാര്യമാണ് ആ ഒരു ഭാഗമേ ചർച്ച ചെയ്യുന്നില്ല എവിടെയെങ്കിലും കാണിച്ചാലും ഈ ഭഗവത്ഗതിയിൽ കൊല്ലുന്നവന്റെ കൊല്ലപ്പെടുന്നവന്റെ വേദനയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ടാകും ഒരു വരി കാണിച്ചാലും പക്ഷെ കൊല്ലുന്നവന് ധൈര്യം കൊടുക്കുന്ന ഭാഗം നിറയു ധൈര്യമായിട്ട് കൊല്ലുക എന്ന് പറയുന്ന ഭാഗം വികംഭിത മരസ്സ് അപ്പോ എന്താണ് നമുക്ക് ചെയ്യാൻ ഒരേ ഒരു കാര്യം കൊലേ ഇരുന്ന് എടുത്ത് മാറ്റുക മറ്റു കർമ്മരംഗങ്ങളിലേക്ക് കൊണ്ടുവരിയാണ് വീണ്ടും ഇന്ന് കൊലേ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ഇന്നത്തെ സാമൂഹ്യ നിരക്കാൻ എന്ന് വിചാരിച്ചത് മാനസിക സംഘർഷമാണെന്ന് പറയുന്ന കേട്ട കൊല തന്നെയാണ് അതെടുത്ത് കളയും ഇതാണ് ഞാൻ പറയുകയുള്ളത് ഇവിടെ ഈ ആചാര്യന്മാരെല്ലാം വളരെ ശരിയായിട്ട് ഞാൻ ഇവരാരും ഇത് കൊലയല്ലെന്ന് പറയുന്നത് കൊലയാണെന്ന് പറഞ്ഞിട്ട് പറയുന്നത് ദൈനീയമായി പറഞ്ഞതാണ് നമ്മൾ എന്ന് മനസ്സിലാക്കേണ്ടതെന്നാണ് ഇതുപോലുള്ള ആശയം ഈശ്വര സർവഭൂതാനോ ഉദ്ദേശിക ഇങ്ങനെയുള്ള ആശയങ്ങളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ഗുണം ചെയ്യുക ഉദ്ധരേദാത്മനാത്മാന ഇതിലേറ്റവും മെച്ചപ്പെട്ട ആശയം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് തന്നെ പറയും എന്റെ അഭിപ്രായം ഉദ്ധരേതാത്മന ആത്മാർ അതിന് മെച്ചപ്പെട്ട ഒരു ആശയം ഗീതിയിൽ ഇല്ലെന്നാണ് വ്യക്തിപരമായ അഭിപ്രായമാണ് ഗീത എന്നങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത്തരം എന്താണ് ഏറ്റവും ശ്രേഷ്ഠമായ ആശയങ്ങളാണ് അപ്പൊ അതിനെ നമ്മൾ കൊലയുമായി കൂട്ടിക്കെട്ടണ്ടത്രേ ഞാൻ പറയുന്നു അതിനെന്തെടുത്ത് മാറ്റുക ഈ ആചാര്യന്മാരുടെ ഒരു വ്യാഖ്യാനവും സ്വീകരിക്കണ്ടെന്ന അഭിപ്രായം ഇതെങ്ങനെ അനുഭവിക്കുമെന്നാണ് അപ്പോ അത് നാനും അഞ്ചും വ്യാഖ്യാനിച്ച് നടത്തുവരുന്ന മൂന്ന് പദ്യങ്ങൾ ഒരുമിച്ച് വ്യാഖ്യാനിക്കും നച്ചേതത്തിൽ പകരല്ലോ ഗരെയോ വിദേവാനോ ജലേമോ ഞാനേ മഹത്വാനും ദേവിഷാമസ്തീവസ്ഥിത പ്രമുഖ യഥാർത്ഥ കഷ്ടം തർക്കദോഷഭസ്വഭാവം ശിഷ്യസ്ഥോ ഇണോമോ സബദ്ധം നിർദ്ധം രാജ്യം സുരാണോധിപത്യം രണ്ടുവരെയും പരിപാടി കിട്ടുന്നു പക്ഷേ എന്റെ ആശയം പറഞ്ഞിട്ട് തന്നിരുന്നു ആരഭ്യ നിവൃത്തവ്യാപാരാൻ ധാർത്തരാഷ്ട്രസഹ് അസ്തു തത്പഥലത്ത് വിജയാ അധർമ്മ അസ്മാകും അധർമ്മർമാധ അജാനോ ജനമേ പ്രതിപാതീക്വാഹിം ശ്രവസ്ഥരണാഗത ശിഷ്യായ മേ ബ്രൂഹി ഇവിടുത്തെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം മാത്രമല്ല പറയാൻ അതായത് ബാക്കിയുള്ള എല്ലാ വ്യാഖ്യതാക്കളും പറയുന്നത് വിധി കിടക്കുന്ന പോലെ തന്നെ എന്താണ് നിശ്ചിതം എന്നാണ് വേഗം തന്റെ നിശ്ചിതം എന്റെ നിശ്ചയം എന്തോ എന്നാണ് രാമാനുചാര്യ അദ്ദേഹം അതിനോട് യോജിക്കുന്നില്ല കാരണം നിശ്ചിതം എന്നോട് പറയുക എന്ന് പറഞ്ഞാൽ ഭഗവാൻ നിശ്ചയി നിശ്ചിതമല്ലാത്തതും പറയും ഉറപ്പുള്ളത് എന്നോട് പറയാന്ന് പറഞ്ഞാൽ ഭഗവാൻ ഉറപ്പില്ലാത്ത കാര്യം പറയും അങ്ങനെയുള്ള ആളാണ് സാറിന്റെ മനുഷ്യനെ പോലെയാണ് അതുകൊണ്ട് രാമാനുചാര്യൻ പറയുന്ന അങ്ങനെ വ്യാഖ്യാനിക്കാൻ പാടില്ല അത് ബ്രൂഹി എന്ന് പറയുന്ന സ്ത്രീയുടെ വിശേഷമായിട്ട് എടുക്കരുത് എങ്ങനെ വ്യാഖ്യാനിക്കുന്നു ശ്രേ നിശ്ചിതം എനിക്ക് ശ്രേയസ് എന്ന് എന്താണോ നിശ്ചിതമായിരിക്കുന്നത് ശ്രേയസ് ഇപ്പോ അതാണല്ലോ ഞാൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറണമോ അതെന്താ സംശയം അതോ യുദ്ധം ചെയ്യുന്നു നിശ്ചിതമായിരുന്നു അത് നിശ്ചിതമായിരുന്നു എന്താ ശ്രേയസെന്ന് നിശ്ചിതമായ ബ്രൂഹിയോടെല്ല നിശ്ചിതം എന്നുള്ളത് അനുജണ്ടത് ശ്രേയസും ശ്രേയസെന്ന് നീ എന്താണോ നിശ്ചയിച്ചു അത് പറയുന്നത് അപ്പൊ ഭഗവാൻ എപ്പോഴും നിശ്ചയി മാത്രം പറയുന്ന ആളാണ് അല്ലാതെ സംശയം വിപര്യം പറയുന്ന ആളല്ല എന്നാണ് ഇവിടെ ആചാര്യം താല്പര്യമാണ് കൊല്ലണങ്ങൾ വേണ്ട